പറയുക ഓ മനുഷ്യരേ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് സത്യം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു അതിനാൽ ആരെങ്കിലും നേർവഴി തേടിയാൽ അവൻ സ്വന്തം നന്മയ്ക്കായി തന്നെയാണ് നേർവഴി തേടുന്നത് ആരെങ്കിലും വഴിപിഴച്ചാൽ അവൻ സ്വന്തം നാശത്തിനായാണ് വഴിപഴയ്ക്കുന്നത് ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ടവനല്ല